ശരം ശങ്ക സൂത്രഭാഷ്യകൃതൗ വേ ഭഗവത സദാശിവസമാരംഭം ശാര്യമധ്യമാം ുദാനം അദ്വൈത ദീപിക എന്ന നാരായണ ഗുരുദേവൻ്റെ കൃതിയാണ് നമ്മൾ എടുത്തത് രണ്ട് ക്ലാസ്സുകൾ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ അതിലെ പത്ത് ശ്ലോകം വരെയാണ് എടുത്ത് തീർത്തതെന്നാണ് എൻ്റെ ചെറിയ ഓർമ്മ അമ്മായി റൈറ്റ് വന്നിട്ടുള്ളവർ നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ ശരിയാണോ പത്തു ശ്ലോകം വരെ അന്ന് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പതിനൊന്നാം ശ്ലോകം മുതലാണ് എടുക്കേണ്ടത് കേരളം സനാതന ഭാരതിയുടെ നിഷ്ഠ ജീവിതം കൊണ്ടും സമുജ്വലമായ അനേകമനേകം പാരമ്പര്യ വാദികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഓരോ കാലങ്ങളിൽ കാലത്തിന് ദേശ നിയമങ്ങൾക്ക് യോജിക്കുമാറ് അത്തരം മഹാപുരുഷന്മാർ അവതരിക്കുകയും സ്വജീവിതം കൊണ്ടും ഉപദേശങ്ങളെ കൊണ്ടും അവയെ സമുജ്വലമാക്കി അവതരിപ്പിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് നവീന കാലഘട്ടത്തിലെ അദ്വൈത ആചാര്യൻ എന്ന നിലയിൽ ഏറ്റവും പ്രശസ്തനാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ സമാധി ദിനമാണ് നമ്മളിവിടെ ഈ പഠനത്തിലൂടെ കൊണ്ടാടുന്നത് തൻ്റെ ജീവിതവും ദർശനവും നല്ലൊരളവ് വരെ സമീപകാല ലോകത്തെ ചിന്തിപ്പിക്കുന്നതാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രചരണങ്ങളുടെ കോലാഹലങ്ങളിൽ പെടുമ്പോഴാണ് ആശയങ്ങൾ പലപ്പോഴും ചുരുങ്ങിപ്പോവുക കാരണം അതിനർഹതയുള്ളവരും അതിനധികാരികളായവരും അത്തരം ദർശനങ്ങളെ സമീപിക്കുന്നതും പഠിക്കുന്നതും ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതിന് കാരണം ജനിച്ച സമുദായങ്ങൾ അടുത്തെത്തിയ പരിചയക്കാർ ജീവിച്ചിരുന്ന കാലത്ത് പല കാര്യങ്ങൾക്കായി സമീപിച്ചവരും അവരുടെ പുത്രപൗത്ര പാരമ്പര്യവുമൊക്കെ മഹാപുരുഷന്മാരുടെ ഉടമസ്ഥത ഏറ്റെടുക്കുന്നതോടുകൂടി ദർശനം ചുരുങ്ങുകയും മിഥ്യാകൽപ്പനകൾ കലർന്ന ചരിത്രം പുനരുജ്ജീവിക്കുകയും അത് അജ്ഞരായ ആളുകൾക്ക് വ്യവസായത്തിന് പറ്റിയ ഒരു ഉൽപ്പന്നമായി മാറുകയും ചെയ്യുക എന്നുള്ളത് ഭാരതീയ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങളിൽ പെടുന്നതാണ് സമീപകാലത്തെങ്കിലും ഗുരുദേവൻ്റെ ജീവിതവും ഇതിൽ നിന്ന് അന്യമായി തീർന്നില്ല എന്ന ദുഃഖം നിശ്ചയമായും അതിലെ ദർശനങ്ങളെ അനുഷ്ഠാനപ്രധാനമായി സമീപിക്കുന്നവർക്ക് ഉണ്ടാകാതെ വയ്യ അതുകൊണ്ട് ആ ദർശനത്തെ ഉൾക്കൊള്ളുമ്പോഴും പഠിക്കുമ്പോഴും അത് അതീതമാക്കുവാനും ാനും പ്രചരിപ്പിക്കുവാനും ഉള്ളതാണ് എന്ന സമീപനത്തോടുകൂടി സമീപിച്ചില്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ നന്നാണ് ഭാരതീയ ഗുരു പാരമ്പര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്നാണ് എൻ്റെ വിശ്വാസം അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയിലും ലോകസംഗ്രഹത്തിന് മാത്രമാണ് വന്നതും നിലനിന്നതും സമാധിസ്ഥമായതും അതുകൊണ്ട് ഗുരുദേവനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അധികം പറഞ്ഞു സമയം കളയുന്നില്ല എന്നുവരികിലും തൻ്റെ ജീവിതത്തിലുടനീളം തൻ്റെ ജീവിതത്തിലുടനീളം ജീവകാരുണ്യം കൊണ്ടും ഏതൊരദ്വൈത സിദ്ധാന്തമാണോ പാരമ്പര്യത്തിൻ്റെ വഴിയും വെളിച്ചവും അതിനനുഗുണമായി അനുകമ്പ തികഞ്ഞ ജീവിതം പുലർത്തുവാനും ആ കാലഘട്ടത്തിലെ രണ്ട് സമുജ്വല ആചാര്യന്മാരാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും കേരളത്തിൽ ഗുരുദേവൻ്റെ അനുകമ്പാദർശകവും സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണവും മാറിമറിഞ്ഞിരുന്ന കേരളത്തെ ചിന്തിക്കുവാൻ വളരെയധികം പ്രേരിപ്പിച്ചിട്ടുണ്ട് ഒരു വേള അനുകമ്പ ദശകം കുറച്ചുകൂടി ലളിതവും ഉദാത്തവുമാണെന്ന് തോന്നുകയും ചെയ്തു ആ ദാർശനിക തദ്ധയിൽ അദ്വൈതത്തിൻ്റെ ദാർശനിക തദ്ധയിൽ നിന്നുകൊണ്ട് എങ്ങനെ സാമൂഹികത ആവാം കാരണം ഒരാക്ഷേപമുള്ളതാണ് അദ്വൈതം ഒരു സിദ്ധാന്തമാണ് പ്രയോഗമല്ല അത് നമുക്ക് വ്യക്തമായി കാണാവുന്ന കൃതികളാണ് ഗുരുദേവൻ്റെ കൃതികളെല്ലാം തന്നെ മറ്റൊന്ന് വേദങ്ങളിൽ നിന്ന് അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട തലമുറകളുടെ വേദനകളൊന്നും ഗുരുദേവൻ്റെ ദാർശനിക കൃതികളിൽ പ്രകടമല്ല എന്നുള്ളതാണ് നൂറ് ശതമാനവും വൈദിക പാരമ്പര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയോ താൻ ജനിച്ച സമൂഹത്തെയോ തൻ്റെ കാലഘട്ടത്തിലോ അതിനു മുമ്പോ കേരളത്തിനുണ്ടായ അപജയത്തെയോ കുറിച്ചല്ല അദ്ദേഹം ദാർശനിക തലത്തിൽ ചർച്ച ചെയ്തതൊന്നും മൗലികമായ സമന്വയത്തിൻ്റെ ഒരു വാക്കുപോലും നഷ്ടമാകുവാതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ സിദ്ധാന്തങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരുപക്ഷെ കേരളം ഏറ്റവുമധികം ശബ്ദായമാനമായിരുന്ന മുഹൂർത്തത്തിലാണ് ഗുരുദേവൻ്റെ ആഗമനം കേരളത്തിലെ ബ്രാഹ്മണ്യവും കേരളത്തിലെ ഇതര സമുദായങ്ങളുമെല്ലാം പരിഷ്കാരത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും പാശ്ചാത്യ സമീക്ഷയിൽ നിന്നുകൊണ്ട് സംഹിതകളെയും ഉപനിഷത്തുകളെയും പരസ്പരദ്വന്ദ്ികളായി അവതരിപ്പിക്കുകയും ബ്രാഹ്മണ്യത്തെ നഖസിഖാന്തം എതിർക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ഗുരുദേവന്റെ ആഗമനം ബ്രാഹ്മണ്യത്തിൻ്റെ എല്ലാ നല്ല അനുഷ്ഠാനങ്ങളും സ്വയം സ്വീകരിക്കുകയും അഥവാ ജന്മനാ തന്നെ ഉണ്ടായിരിക്കുകയും ബ്രാഹ്മണർ പോലും തച്ചുടച്ചു കളയുന്ന സസ്യാഹാര രീതികളും മറ്റു കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തുകയും അല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഗുരുദേവനെ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ അല്പം ചരിത്രം പറഞ്ഞത് പുരോഗമനകാരികളായ ബ്രാഹ്മണരുൾപ്പെടെ കേരളത്തിലെ ജന്മബ്രാഹ്മണരുൾപ്പെടെ ബ്രഹ്മജ്ഞാനികളല്ല നമ്പൂതിരിമാർ അയ്യർമാർ അയ്യങ്കാർമാർ ഇവരെല്ലാം ഉൾപ്പെടെ മേഖലകളിലും ഒരു പക്ഷേ സ്വാമി വിവേകാനന്ദൻ്റെ ഉള്ളിരിപ്പ് അറിയില്ല അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളിലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെ മലയാളത്തിലേക്ക് തർജമ ചെയ്തവരുടെ ഉള്ളിരിപ്പുകളിലും കാരണം That intellectual giant reduced the pundits to ashes, reduced to ashes in a fraysuprayogic. N.B. Krishnavarir unpadai ulla panditan maar tarjama jayyam pola edithi adu abuddhiri akshasan Yatra yatra panditan maare yaana teel it to chuttukonnadu enna nirekhapadithi dhulam. Aak alakatratil anu Buridevan കേരളത്തിൻ്റെ നബോമണ്ഡലത്തിൽ ആത്മവിദ്യയുടെ പീയൂഷവും അനവരതം നൽകി സഞ്ചരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഒരിടത്തെങ്കിലും പാരമ്പര്യ പരമാനന്ദം നുകരുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അദ്വൈതാനന്ദത്തിൻ്റെ അനവധ്യസുന്ദര മേഖലകളെ ലോകജനതയ്ക്കായി നൽകിയ ശങ്കരനെ ഒരിടത്തുപോലും അദ്ദേഹം നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് നാരായണ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും ശ്രദ്ധേയവുമായ ചരിത്രപരമായ അംശങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഭയം ഏതെങ്കിലും വീരുത്വം കൊണ്ടോ അല്ലാതെ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സഞ്ചരിച്ചാൽ വ്യക്തമായി ബോധ്യമാകുന്നതുമാണ് ഒരുപക്ഷെ പാരമ്പര്യത്തെ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഇന്ത്യൻ ജനതയുടെ മുഴുവൻ അമരക്കാരനായി മാറുവാൻ ധിഷണയും ശേഷിയും ശേഷിഷിയുമുണ്ടായിരുന്ന ഗുരു അദ്വൈത ചിന്തയെയും അതിൻ്റെ അവതാരകനെയും മാത്രമല്ല വേദങ്ങളെയും ഉപനിഷത്തുകളെയും പോലും നിഷേധിക്കാതവയുടെ ആശയങ്ങളെ അതീവ മനോഹരമായി ഒരു ജനതയ്ക്ക് നൽകിയത് പാരമ്പര്യ പ്രതിഷ്ഠ എന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മദിനവും സമാധി ദിനവും ആഘോഷിക്കുന്ന വേളകളിൽ അദ്ദേഹത്തോട് ഭക്തിയുള്ളവർ ആലോചിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ആ ചരിത്രത്തെ അല്പമൊന്നും ഉദ്ധരിച്ചത് ഗുരുദേവൻ്റെ കൃതികളെല്ലാം ശ്രദ്ധേയമാണ് ഗ്രന്ഥങ്ങൾ അവയാണ് ഏറ്റവും കൂടുതൽ ഭാഷ്യം അദ്ദേഹം പ്രത്യേകമായി രചിക്കുകയായിരുന്നില്ല തൻ്റെ പ്രകടനഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു പൂർവഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത ഉപനിഷത്തുകൾ ഇവയ്ക്കൊക്കെ ഭാഷ്യം ചമച്ച് ശങ്കര പാരമ്പര്യത്തിലൂടെ ആളുകൾ പോരുമ്പോൾ ഭാഷ്യമുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹം ആ വഴിയിലല്ല സഞ്ചരിച്ചു സ്വ അനുഭൂതിയെ തൻ്റെ പ്രകരണഗ്രന്ഥങ്ങളിലൂടെ ശക്തമായി അവതരിപ്പിക്കുക അതേ സമയം പാരമ്പര്യത്തെ അല്പം പോലും ഉപേക്ഷിക്കാതിരിക്കുക എന്ന ശ്രദ്ധേയമായ ഒരു വഴിയാണ് സ്വീകരിച്ചത് പലപ്പോഴും ഇന്ത്യൻ സന്യാസ പാരമ്പര്യം ശങ്കരാദ്യന്മാരുടെ കൃതികളെ വ്യാഖ്യാനിച്ചു പ്രസ്ഥാനത്രയം മുതലായവയ്ക്ക് ഭാഷ്യം ചമച്ചു നൂറ്റാണ്ടുകളിലൂടെ ജനങ്ങൾക്കറിയാവുന്ന കൃതിയിലൂടെ കൈവച്ച് അതിൽ തൻ്റെ അഭിപ്രായങ്ങൾ ആവോളം തിരികിക്കേറ്റി പ്രശസ്തരാകാൻ ശ്രമിക്കുമ്പോൾ അവയ്ക്ക് വ്യക്തതവും സുദൃഢവും ആയിട്ടുള്ള ഭാഷ്യങ്ങൾ ഉണ്ട് എന്നറിഞ്ഞ് അന്ന് നിലനിന്ന മലയാള ഭാഷയിൽ ആ പദം ഉപയോഗിച്ചത് മനോരമയും മാതൃഭൂമിയുമൊക്കെ വികസിച്ച ഈ കാലഘട്ടത്തിൽ ആ മലയാളം വ്യാഖ്യാനമില്ലാതെ സമീപകാല വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുമോ എന്ന സംശയം കൊണ്ടാണ് എൻ്റെ സംശയം സത്യമാണ് എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം കാരണം അന്നത്തെ മലയാളമല്ല അന്നത്തെ ലിപിയല്ല ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നു അതിൻ്റെ ദോഷവും ചില്ലറയൊന്നുമല്ല മലയാള ഭാഷയുടെ മനോഹരതയും മലയാളികളുടെ നേട്ടവും ആ ലിപിയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ടൈപ്പ് റൈറ്ററിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ആദ്യത്തെ ലിപി പരിഷ്കരണം ഉണ്ടായത് കാരണം അതിൻ്റെ കീബോർഡുകൾക്ക് വേണ്ടിയാണോ എന്ന് തോന്നുന്നു അതിൽ നിങ്ങളുടെ ഭാഷാ പണ്ഡിതന്മാർ ശ്രദ്ധിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം കേരളം ഇന്ന് ശക്തമായ പരസ്പര വിയോജിപ്പിലേക്ക് എത്തിയത് ഭാഷയുടെ അച്ചുകളിൽ നിന്നാണെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരാളെന്ന സ്വരങ്ങളും വ്യഞ്ജനങ്ങളും വേറിട്ടല്ലാതെ ക്ഷരാക്ഷരങ്ങൾ യോജിക്കുന്ന എഴുത്തും ചിത്രവും വായനയുമായി നിങ്ങുന്ന മലയാളിയുടെ മനസ്സും ശരീരവും മാത്രമല്ല കുടുംബവും ബന്ധങ്ങളും അതിപവിത്രതയോടെ യോജിച്ചു നിന്നിരുന്നു എന്നുള്ളത് ഏത് മനഃശാസ്ത്രകാരൻ എങ്ങനെ പഠിച്ചാലും ബോധ്യമാകുന്നതാണ് എപ്പോൾ നിങ്ങൾ ക്ഷരാക്ഷരങ്ങളെ വേർപെടുത്തുകയും എപ്പോൾ നിങ്ങൾ കൂട്ടക്ഷരങ്ങളെ വേർപിരിക്കുകയും പിരിച്ചെഴുതുകയും ചെയ്യുവാൻ തുടങ്ങിയോ അന്നുമുതൽ നിങ്ങളുടെ കുടുംബ താറുമാറായിട്ടുണ്ട് എന്ന് നിങ്ങളെ ചരിത്രം പഠിപ്പിക്കും ശരിയായി പഠിച്ചാൽ Am I right? no അവിടെ നിങ്ങൾക്ക് ആലോചിച്ചു തിരിച്ചു നിങ്ങളുടെ കുടുംബങ്ങളിൽ മലയാളം ശരിയായി പഠിപ്പിക്കാനും മലയാള ഭാഷയുടെ പ്രാചീന ലിപികളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാൻ തുടങ്ങുകയും ചെയ്യുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വയസ്സുകാലത്ത് മക്കൾ വായ്ക്കരിയിടും ഇല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപിരിയും ഇങ്ങനെയൊക്കെ കുറെ അന്ധവിശ്വാസങ്ങളുള്ള ആളും കൂടെയാണ് ഞാൻ എൻ്റെ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾക്കത്ര സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കിഷ്ടം അവയാണ് താൻ ഞാനിവിടെ വരുമ്പോഴൊക്കെ പറയാറും എന്നെ സ്വാമി ഇടയ്ക്കൊക്കെ വിളിക്കുന്നത് ഈ അന്ധവിശ്വാസമൊക്കെ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാനാണെന്നാണ് എൻ്റെ ധാരണയും നിങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നാലും അതിന് എനിക്കൊരു സുഖമുണ്ട് കാരണം ചിന്മയാമിഷനിലൊക്കെ വരുന്നത് മിക്കവാറും പണ്ഡിതവരേണ്യരായ നല്ലൊരു ജനസമൂഹമാണ് അവരോട് വന്നിരുന്ന ഈ അന്ധവിശ്വാസമൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും പറയാതറങ്ങിപ്പോൾ പിന്നെയുള്ള ആളുകളോട് പറയുമ്പോൾ എനിക്കത് പ്രമാണീകരിക്കാനും എളുപ്പം കിട്ടാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കുക ഗുരുദേവൻ്റെ കൃതികളും അദ്ദേഹം ഉപയോഗിച്ച ലിപികളും അദ്ദേഹത്തിൻ്റെ ഭാഷയുമെല്ലാം ശ്രദ്ധേയമാണ് കൃതികളെല്ലാം അതീവ ശ്രദ്ധേയമാണ് അതിൽ ഏത് കൃതിയാണ് ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയാനാവില്ല ധ്യാനാത്മകമായ നൂറ് ദിവസങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആത്മോപദേശശതകവും അദ്വൈത ദർശനത്തെ അതീവ ചാരുവായി അവതരിപ്പിക്കുന്ന ദർശനമാലയും എണ്ണമറ്റ ദേവതാസ്തുതികളും ഒക്കെ നമ്മൾ കുറെയെല്ലാം ഇവിടെ എടുത്തതാണെന്ന് തോന്നും മൈറൈറ്റ് കുറെ ഗ്രന്ഥങ്ങൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ അനുകമ്പ ദശ ഇവിടെ എടുത്തതാണ് മറ്റേ ദേവീസ്തുതികളില് ഏ ആ എടുത്തതാണ് അതല്ല ഓരോ വർഷവും ഓരോന്ന് എടുത്തിട്ടുണ്ട് ഇത് മാത്രമാണ് മൂന്ന് പ്രാവശ്യമായതെന്ന് തോന്നും ഇത് വളരെ ശ്രദ്ധേയമാണ് ഏറ്റവും പ്രാചീനങ്ങളായ കൃതികളോട് വളരെ ബന്ധമുള്ള ഗുരുദേവന് ഈ കൃതികളിലെല്ലാം ഒരു സമന്വയത്തിൻ്റെ തന്ത്രം ഉപയോഗിക്കുന്നത് പൂർവാചാര്യന്മാർ പോയ പന്ഥാവിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ശ്രീഹർഷൻ്റെ ശരിയായി ആലോചിച്ചാൽ അഷ്ടാവക്രഗീത യോഗവാസിഷ്ടം ഖണ്ഡനഖണ്ഡന ഖാദ്യം ഈ കൃതികളോടൊക്കെയുള്ള അടുപ്പം വളരെ വലുതാണ് അത് നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ ഒരളവ് വരെ എടുക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ് കാരണം ഭാരതീയ ചിന്തയുടെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ രണ്ട് സാമ്പ്രദായിക തത്വങ്ങളെ ഒരേ ദർശനം അവതരിപ്പിക്കുന്നു ഒന്ന് പ്രാരബ്ധം രണ്ട് പുരുഷാർത്ഥം പുരുഷാർത്ഥ സമീക്ഷയുടെ സമുജ്വല ഗ്രന്ഥങ്ങളാണ് അഷ്ടാവക്രഗീതയും യോഗവാസിഷ്ടം പ്രാരബ്ധ പുരുഷാർത്ഥങ്ങളെ മാറ്റുലച്ചു നോക്കുന്നവയാണ് ഖണ്ഡനഖാണ്ഡഘാദ്യം മുതലായവയൊക്കെ പ്രാരബ പുരുഷാർത്ഥങ്ങളുടെ രണ്ടു രീതിയിലും സുപ്രതിഷ്ഠിതമായി വ്യാഖ്യാനിക്കാവുന്ന കൃതിയാണ് ഭഗവത്ഗീത ലൗകികമായ യുദ്ധത്തിൻ്റെ വഴിയിൽ പുരുഷാർത്ഥ രൂപേണയുള്ള വ്യാഖ്യാനവും മാഹിംസ്യത് സർവാഭൂതാനി എന്ന വേദനിർദ്ദേശത്തിൽ പ്രാരബ്ധ രൂപേണയുള്ള വ്യാഖ്യാനവും രണ്ടും സമുജ്വലമാകുന്ന ഗീതയെ അല്പം വരികളിലൂടെയാണ് ഗുരുദേവൻ സമുജ്വലമായി അവതരിപ്പിച്ച് കടന്നുപോയിട്ടുള്ളത് പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ എന്നാണ് ഗീതയ്ക്ക് പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും എഴുതാതെ കുറഞ്ഞ വാക്കിൽ അവതരിപ്പിച്ച് കടന്നുപോന്നിട്ടുള്ളു ഭഗവത്ഗീതയിൽ പാർത്ഥന പരമാർത്ഥ സത്യത്തെ ഉപദേശിച്ച് തേർവിട്ടു പോയവൻ പരമ്പൂർ കൃഷ്ണനെ കുറിച്ച് അത്രയും മതിയാകുമെന്ന് തോന്നുന്നു മുഴുവനാകാൻ ആ ഗുരുദേവന്റെ സമുജ്വല കൃതിയാണ് അത്വൈര ദീപിക അതിലെ പത്ത് ശ്ലോകങ്ങൾ നമ്മൾ എടുത്തു എങ്കിലും പുതിയ ആളുകളുണ്ടെന്ന് തോന്നുന്നു മുൻ ക്ലാസ്സുകളിൽ വരാത്തവരുണ്ടെന്ന് തോന്നുന്നു അമ്മ റൈറ്റ് അതുകൊണ്ട് അതിലെ ഒന്നാം പദ്യം പ്രപഞ്ചം നാമരൂപമാണ് പ്രതിഭാഭിഷേകമാണ് ിൽ ഉള്ളതും ആരായുകിൽ മിഥ്യയാകുന്നതുമാണ് അത് വേറിട്ടല്ല വിശ്വം അറിവാകുന്ന മരുവിൽ പ്രവാഹം പോലെയാണ് എന്ന് പറയുന്നത് രണ്ടാം പദ്യത്തിൽ തന്തുവിദ് എന്ന ദൃഷ്ടാന്തത്തിലൂടെ അനന്യത്വം അവതരിപ്പിക്കുന്നു കാര്യവും കാരണവും രണ്ടില്ല ഏകമാണ് എന്നവതരിപ്പിക്കുന്നു പ്രപഞ്ചവും പ്രപഞ്ച കാരണവും രണ്ടല്ല ഏകമാണ് എന്ന് മൂന്നാമത്തെ പദ്യത്തിൽ ഗുരുദേവൻ സ്പഷ്ടീകരിക്കുന്നു ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ അറിവ് ഉണ്ടാകുന്നതുവരെയേ പ്രപഞ്ചമുള്ളൂ അറിവിൻ്റെ അനുഭവം വന്നാൽ വിശ്വവുമില്ല അതുണ്ടാക്കുന്ന അവിദ്യയുമില്ല വിശ്വത്തിന് കാരണമായ അവിദ്യയും രണ്ടുമില്ല ആത്മസത്യത്തെ അതുപോലെ പ്രപഞ്ചമിഥ്യാത്വത്തെ സ്ഥാണുപുരുഷ ഉദാഹരണങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള അദ്വൈതത്തിൻ്റെ സമീക്ഷയെ അറിഞ്ഞ് സ്ഥൂണാനിഖനനന്യായത്തിൽ തൂണിനെ കൂടുതൽ കുഴിച്ച് ബലപ്പെടുത്തുന്ന തലത്തിൽ അഞ്ചാം പദ്യം അവതരിപ്പിക്കുന്നു സത്യം അസത്യമെന്ന പ്രതീതികൾ മാറിപ്പോയാലും ധിഷ്ഠാനമുണ്ട് ശൂന്യമല്ല എന്ന് ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും മറ്റും സിദ്ധാന്തങ്ങളെ സൂക്ഷ്മമായി നിഷേധിച്ചുകൊണ്ട് അദ്വൈത ഭൂമികയെ ഉറപ്പിക്കുന്നു ആറാം പദ്യവും ഏഴാം പദ്യവും കാര്യകാരണങ്ങളിൽ സാമാന്യധർമ്മമുണ്ട് പ്രപഞ്ചത്തിൻ്റെ അഭിന്ന നിമിത്തോപാദാനം പരമാത്മാവാണ് ശൂന്യമല്ല പ്രപഞ്ചമാകട്ടെ പരമാത്മാവിൻ്റെ അവസ്ഥാന്തരമാണ് എന്നെട്ടാം പത്യം സ്പഷ്ടീകരിക്കുന്നു ഒൻപതും പത്തും പതിനൊന്നും ശ്ലോകങ്ങളിൽ ജീവൻ മുക്തിയെ അവതരിപ്പിക്കുകയാണ് ജ്ഞാനത്തെ വിശദീകരിക്കുകയാണ് ഗുരുദേവൻ ചെയ്തിട്ടുള്ളത് അതിലൊൻപതും പത്തും നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് പതിനൊന്നാം ശ്ലോകം നാലാം ശ്ലോകത്തിൽ പറഞ്ഞ വിശ്വവും അവിദ്യയും രണ്ടുമില്ല എന്നതിനെ പുനരെടുത്ത് വിശദമാക്കിക്കൊണ്ട് അദ്വൈതാനുഭൂതിയിൽ നിൽക്കുന്ന ജ്ഞാനിയുടെ അനുഭവത്തെ പ്രത്യക്ഷമാക്കുകയാണ് ജ്ഞാനി എങ്ങനെയാണ് എന്തിനാണ് ജ്ഞാനിയെ ജ്ഞാനിക്കല്ലാതെ അറിയുന്നത് ജ്ഞാനിക്കു മാത്രമേ ജ്ഞാനിയെ അറിയൂ അജ്ഞാനിക്ക് ജ്ഞാനിയെ അറിയില്ല അജ്ഞാനിയുടെ ഇന്ദ്രിയങ്ങൾ വിഷയപരങ്ങളായിരിക്കല്ലാതെ അറിയാനാവില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് പറയുന്നത് ആദരിക്കാനും അനുകരിക്കാനും അതിന് മാത്രമാണ് ഭാരതം ജ്ഞാനികളെക്കുറിച്ച് എന്തിനാണ് എഴുതിയത് ജ്ഞാനിയെ ഒരു അജ്ഞാനിക്കെങ്ങനെ തിരിച്ചറിയും അജ്ഞാനിക്ക് ജ്ഞാനിയെക്കുറിച്ച് എന്ത് സംബന്ധം പാരമ്പര്യവും മര്യാദയുമുണ്ടെങ്കിൽ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജ്ഞാനികളായവരെ ഇത്തരം ശാസ്ത്രങ്ങളുടെ തലങ്ങളിൽ നോക്കി ചിന്തിച്ച് അവരെ ആദരിച്ച് അവരുടെ ലോകങ്ങളിൽ അവരുടെ സമീപത്തിൽ അവരെ ചിന്തിച്ച് ചിന്തിച്ച് ഭ്രമരകീടവായത്തില് അവരുടെ സ്വരൂപങ്ങളിൽ എത്തി മോക്ഷപ്രാപ്തിക്കു വേണ്ടിയാണ് അവരെക്കുറിച്ച് പറയുന്നത് അതനുകരിക്കാൻ ആരാധിക്കാൻ ഭാരതം ഇതിലൊട്ടും പിന്നോക്കമല്ല കാരണം നന്മ എവിടെ കാണുമ്പോഴും ഐശ്വര്യം എവിടെ കാണുമ്പോഴും ഈശ്വര വിഭൂതിയുണ്ട് ആറു വിഭൂതികളിൽ ഏത് കണ്ടാലും ഈശ്വര സാന്നിധ്യം അവിടെയുണ്ടെന്ന് അറിഞ്ഞ് ആദരിച്ചിട്ടു വേണം വൈകല്യങ്ങളുണ്ടെങ്കിൽ അതിന് ചൂണ്ടിക്കാണിക്കുവാനെന്നാണ് ഭാരതീയ രീതി അതുകൊണ്ട് അവയെല്ലാം ഭഗവാൻ്റെത് തന്നെയാണ് ആ തലത്തിൽ എല്ലാം തികഞ്ഞ ജ്ഞാനികളെ അവരെങ്ങനെ ഇരിക്കും കണ്ടാൽ ഭഗവത്ഗീതയിലും ഇതിൻ്റെ നല്ലൊരു ചിത്രമുണ്ട് സ്ഥിതപ്രജ്ഞലക്ഷണത്തിൽ അത് അർജുനൻ ചോദിക്കുന്നുമുണ്ട് സ്ഥിതപ്രജ്ഞാ സമാധി ജ്ഞാനിക്കെങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രജ്ഞാനിയോട് ചെന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്നതിൽ നിന്ന് അയാളുടെ ശാരീരികവും മാനസികവുമായ തലങ്ങളിൽ മാറ്റം വരുന്നതാണ് നമ്മൾ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് നോക്കാനും നമ്മളിടപെടുന്ന തലം ജ്ഞാനികളുടേതാണോ അജ്ഞാനികളുടേതാണോ എന്നറിയുവാനും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കും ശാരീരികമായി മാനസികമായി ഹോർമോണലായി ഒക്കെ ലോകം മൊത്തം എൻ്റെ ശരീരമാണെന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്കുള്ള വികാസമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവയൊക്കെ സ്വാഭാവികമാണെന്നെടുക്കുകയും മര്യാദയായിരിക്കുകയും ചെയ്യും അതിൻ്റെ വ്രതകാലവും കൂടിയാണ് ഇന്നാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു അനന്ത പുരുഷ മഹായജ്ഞത്തിൻ്റെ അനന്ത ചതുർദശി വ്രതമാരംഭിക്കുന്നത് ഇന്നാണ് ഭഗവത്ഗീതയ്ക്ക് വിസ്തൃതമായൊരു വ്യാഖ്യാനം വിരാട് പുരുഷ വർണ്ണനത്തിൽ അനന്തചതുർദ്ദശിയോട് ചേർത്താം പുരുഷസൂക്തം മുഴുവനതാണ് ആ വികാസം ഉണ്ടാകുന്നതിനുള്ള പന്ഥാവ് ആദ്യം കാമ്യകർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാതെ വേദവിഹിതമായി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചതിന് വിരുദ്ധമായിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളത് കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കൂ ഉപേക്ഷിക്കൂ എന്നായിരിക്കും ആ റൈറ്റ് അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ജന്മങ്ങൾക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള നാശങ്ങൾക്കും ആദ്യത്തെ കാരണം ഞാൻ നിങ്ങളോട് പറയുന്നത് വൈദികർ പറഞ്ഞിട്ടുള്ള രീതിയിൽ കാമ്യകർമ്മങ്ങളെ ഒന്നും നിങ്ങൾ വലിച്ചെറിയണ്ട കാമ്യകർമ്മങ്ങളെയും അവ ചെയ്യേണ്ട രീതിവിധാനങ്ങളെയും അതിൽ പുലർത്തേണ്ട മര്യാദകളെയും കുറിച്ച് മാത്രമാണ് സംഹിതകൾ നിങ്ങളോട് പറയുന്നത് ശ്രുതി മാതാവായ ശ്രുതി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒരു കാമ്യകർമ്മവും വലിച്ചെറിയരുത് വലിച്ചെറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ജിജ്ഞാസ ഉണ്ടാവില്ല ഒരു കാലത്തും സമാധാനവും ലഭിക്കില്ല കാമ്യകർമ്മങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് വന്നവയല്ല ജന്മജന്മാർജിതങ്ങളായി നിങ്ങൾ സംസാരിച്ച വാസനാചാലങ്ങളിൽ നിന്ന് വരുന്നതാണ് വാസനകൾ നിങ്ങൾ ഒതുക്കിയാൽ ഒതുങ്ങില്ല നിങ്ങളുടെ മനസ്സിനെയും ഇന്ദ്രിയാതിദേവതകളെയും ബാധിച്ചിരിക്കുന്ന വാസനകൾ നിങ്ങളെ ഒതുക്കുന്നതല്ലാതെ നിങ്ങൾക്കൊതുക്കാനാവില്ല ഈ സത്യം മറന്നുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഗുരുക്കന്മാരെല്ലാം നിങ്ങളോട് പറയുന്നത് ഇതങ്ങ് ഉപേക്ഷിക്കുമെന്ന് പിന്നെ നിങ്ങൾ ആത്മവഞ്ചകരായിത്തീരുക എന്നുള്ളതാണ് പന്ഥാവ് ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചുവെന്ന് അഭിനയിക്കുകയും എന്നാൽ ഇതൊക്കെ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുകയും അത് ആത്മവഞ്ചനയാണ് കാമ്യകർമ്മങ്ങളെ നിഷ്കാമെന്ന് വ്യാഖ്യാനിച്ചൊപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ബൗദ്ധിക പാരമ്പര്യം പാശ്ചാത്യ രീതിയിൽ ഇന്ത്യയിൽ വളർന്നു വരുവാനും കാരണമായി തീർന്നിട്ടുണ്ട് ആത്മയാഥാർത്ഥ്യത്തോടടുത്ത് നിങ്ങളുടെ കാമ്യകർമ്മങ്ങളെയെല്ലാം വിധി നിഷേധങ്ങളറിഞ്ഞ് വിഹിതമായി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വഴി അങ്ങനെ ചെയ്യുമ്പോൾ അവയിൽ വരുന്ന ജയ അപജയങ്ങളുണ്ട് എല്ലാ കാമ്യകർമ്മങ്ങളിലും വിജയത്തിലും പരാജയത്തിലും അധിഷ്ഠാനവും കർത്താവും കരണവും ചേഷ്ടയിൽ ദൈവവും പങ്കുവഹിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അധിഷ്ഠാനമറിയാം കർത്തൃത്വമറിയാം ചേഷ്ടറിയാം കരണങ്ങളറിയാം ഇതെല്ലാം വിഷയപരമായ അറിവിലൊതുങ്ങുന്നതാണ് ഇവയൊക്കെ പരാജയപ്പെട്ടിടത്താണ് നിങ്ങളുടെ വിജയമെന്ന് വിജയിക്കുമ്പോൾ ബോധ്യമാവും കാമ്യകർമ്മത്തിൽ കാമ്യകർമ്മങ്ങളിലെ ഹേതുവും സ്വരൂപവും ഫലവും നോക്കിക്കാണുമ്പോൾ ഫലങ്ങൾ നിങ്ങൾക്ക് പരാജയങ്ങളായിത്തീർന്നത് ഹേതു കൊണ്ടല്ല സ്വരൂപം കൊണ്ടല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വേളയിൽ അതിൻ്റെ അധിഷ്ഠാനത്തിലോ കർത്തൃത്വത്തിലോ കരണത്തിലോ ചേഷ്ടകളിലോ അത്യന്തം ശ്രദ്ധിച്ചിട്ടും പരാജയപ്പെടുകയും ഈ നാല് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോഴും വിജയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇതുവരെയുള്ള അറിവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇതുവരെയുള്ള അറിവും മതിയാകാതെ വരുന്നിടത്ത് പ്രമാണത്തിലും പ്രമേയത്തിലും ശങ്കയുണ്ടാകുന്നതിനെയാണ് ഭഗവത്ഗീതയും മറ്റും വളരെ ഗംഭീരമായി വർണ്ണിച്ചിട്ടുള്ളത് അമ്പത്തി രണ്ടാം ശ്ലോകം രണ്ടാം അധ്യായം സ്തുണ്ടോ ഗീതയുണ്ടോ ഏതാ തുടക്കം പറഞ്ഞാൽ ണോ നോക്കിയേ മോഹകലിലം ബുദ്ധിമുട്ടേദം ശ്രോതവ്യത അടുത്ത ശ്ലോകം ആപ്പഴുണ്ടാകുന്ന ശ്രുതിവിപ്രതിപന്നാതെ സ്രൗതവിധിയനുസരിച്ച് വിധിയാം വണ്ണം കർമ്മങ്ങളെ ചെയ്തിട്ട് പരാജയം വരുമ്പോൾ ശ്രുതിവിപ്രതിപന്നനാവും ഈ ഒരു അനുഭവം കിട്ടിയാൽ മാത്രേ ആത്മലോകങ്ങളിലേക്ക് കയറാനാവും അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ വിധിയാം വണ്ണം കാമ്യകർമ്മങ്ങളെ തന്നെ ചെയ്യുക അതിനിപ്പറാരും വന്ന് പറഞ്ഞാലും ഇതൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞ് നിഷ്കാമകർമ്മത്തിനൊന്നും ചാടി ഇറങ്ങണ്ട പക്ഷേ കാമ്യകർമ്മം ചെയ്യുമ്പോൾ ആലോചിക്കണം വേദവിധി അനുസരിച്ച് ചെയ്യണം നിഷിദ്ധകർമ്മങ്ങളൊന്നും ചെയ്യരുത് സ്നാനം നഗ്നം ച സമാചരേ തുടങ്ങിയുള്ള നിഷിദ്ധകർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാം വേദവിധി അനുസരിച്ച് മര്യാദമസൃണമായി സ്വാധ്യായ പ്രവചനാദികളോടുകൂടി ചെയ്യുമ്പോഴും പരാജയം വരും അപ്പൊ ഒരു കാര്യം ഉറപ്പാവും അനുഭവം ഇത് നിയന്ത്രിക്കുന്ന ഞാനല്ലാത്ത ഒരുത്തനുണ്ട് അതുവരെ വേദാന്തമൊക്കെ അതിനു മുമ്പേ പഠിച്ചാൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനാണ് എൻ്റെ കയ്യിലാണെന്ന ബോധവും അഹങ്കാരവുമേ വേദാന്തത്തിൽ പോലും വിനയം വരില്ല വിനയം വന്നില്ലെങ്കിൽ ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും അതെനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ ദേഷ്യവും ആചാര്യന്മാരുടെ അനുഗ്രഹവുമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൈമുതലാകേണ്ടത് ഇതറിയാത്ത ആളുകളുടെ അനുഗ്രഹമോ പരിഗണനയോ ലഭിച്ചാൽ അത് ശാപമാണ് അതുകൊണ്ട് സുവ്യക്തമായി പാരമ്പര്യ മര്യാദയിൽ മനസ്സിലാക്കിക്കൊള്ളുക കാമ്യ കർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്യുക എല്ലാം ശരിയാകുമ്പോഴും പരാജയപ്പെടുക ഇതൊന്നും ശരിയാത്ത ആകാത്തപ്പോൾ പോലും വിജയിക്കുക അപ്പശ്രുതി വിപ്രതിപന്നത്വം ഉണ്ടാവും ബുദ്ധി ഒരിടത്ത് നിക്കാൻ വാസനയറ്റ അന്ധക്കരണ വിശുദ്ധി അനിവാര്യമായി തീരും അപ്പോ നിങ്ങള് സ്വാഭാവികമായി കാമ്യം നിലയ്ക്കും കാമ്യം എതിർക്കുമെന്നല്ല ഞാൻ പറഞ്ഞു കാമ്യമൊക്കെ ഉപേക്ഷിക്കുമെന്നുമല്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ അന്ധക്കരണത്തിന് നിരന്തരമായ ഒരു ശുദ്ധി പ്രക്രിയ വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിശ്ചലമാകാൻ തുടങ്ങും ബുദ്ധി നിശ്ചലമാകും യഥാസ്ഥാസ്യതി നിശ്ചല അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടയനെ കാണാം അവനായി ഇടയൻ മനസ്സിലായില്ല ഇപ്പം നിങ്ങൾക്ക് ഇടയനെ കാണാൻ പറ്റില്ല പശുവിനെ കാണാം പശുവിൻ്റെ എണ്ണൻ കൂടുതലായതുകൊണ്ട് ഇവ തമ്മിൽ കുത്തിമറിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയാണ് അവനീ ഗോപമുരളിയും ഊതി നിൽക്കുന്നതെന്ന് കാണാനേ കഴിയില്ല ഇരുവൃത്തികൾ തന്നിട കറിവിൻ മുട്ടി മാറ്റിൽ ഇരിക്ക കാരണം മറയോരിടയത്തം അങ്ങയിൽ പരി കൽപ്പിച്ചത് യുക്തി യുക്തമാം എന്ന് വിദ്യാനന്ദൻ വൃത്തികളാകുന്ന പശുക്കൾ അതിൻ്റെ ഇടയിൽ ശ്രുതിമുരളീരവമൂതി നിൽക്കുന്ന ഇടയൻ ഇവനെ കാണുമ്പോൾ നിങ്ങളുടെ ബുദ്ധി ഒന്ന് നിശ്ചലമാകാൻ തുടങ്ങും ഇതിനെ നിങ്ങൾക്ക് ഭക്തിയെന്നോ ജ്ഞാനമെന്നോ വൈരാഗ്യമെന്നോ ഒക്കെ വിളിക്കാം ഏത് നിങ്ങൾ വിളിച്ചാലും എനിക്ക് ഒരു അങ്ങനെ ബുദ്ധി നിശ്ചലമാകാൻ തുടങ്ങുന്നത് അന്ധക്കരണ വിശുദ്ധിയിലാണ് അപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു അതൊന്നും നിങ്ങൾക്ക് വേണ്ടിയല്ല അവൻ്റെ കൈകര്യത്തിനായിക്കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കൊന്നറിയാം നിങ്ങളെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അവനാണ് അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ധനത്തിന് വേണ്ടി ഒക്കെ പണിയെടുത്തിട്ട് ഞാനെല്ലാ ഈശ്വരന് വേണ്ടിയാണെന്ന് കള്ളൊന്നും പറയരുത് ഞാൻ എനിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന് പറഞ്ഞ് എടുക്കുക തകരും അന്ന് മനസ്സിലാക്കിയിട്ട് പറയുക ഞാൻ ആ പണി നിർത്തി നിർത്താതെ പറ്റില്ലാതോ അതുവരെ നിങ്ങൾ പണിയെടുക്കുക മനസ്സിലായോ എന്നറിയില്ല ഇവിടെ എത്തുമ്പോൾ ജ്ഞാനം കൈവന്നവർക്ക് ചില സ്വഭാവം ഉണ്ടാവും അവരെയാണ് ഗുരുദേവൻ ഒമ്പത് പത്ത് പതിനൊന്നാം ശ്ലോകങ്ങളിൽ അവതരിപ്പിക്കുന്നത് പതിനൊന്നാം ശ്ലോകം ഒമ്പതും പത്തും എടുത്തതാണ് ചിത്തുഖരൂപം ആനന്ദമല്ല അനൃതമജ്ഞനിതപ്രകാശം കാണുന്നവൻ സുഖമസ്തി ഭാനു മാനർ ളർന്നൊരു ശൂന്യവസ്തു സുലഘുചിത്തു സുഖസ്വരൂപം ആനന്ദമല്ലുന്നവനുസുഖമസ്തയർന്ന ൻ അന്ധന ഇരുളർന്നൊരു ശൂന്യവസ്തു ജ്ഞാനിക്ക് ഉലക് സത്ത് ചിത്ത് സുഖസ്വരൂപം ആനന്ദം അജ്ഞന് അനുദം അപ്രകാശം ണുന്നവന് സുഖമസ്ഥിതയാർന്ന ഭാനുമാനർക്കൻ അന്ധന് ഇരുളാർന്ന ശൂന്യവസ്തു ജ്ഞാനിക്ക് ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ദ്രിയാധിദേവതകളെല്ലാം ജ്ഞാനവുമായി സമരസപ്പെടും നമ്മുടെ ആത്മാവ് വളരെ വിപുലമാണ് ഏകവും അദ്വയവും സച്ചിദാനന്ദവുമാണ് കേവലമായ ആത്മസ്വരൂപം അതിൽ വാസനയുടെ ഒരു പ്രകാശം സമഷ്ടി സൃഷ്ടിയിൽ നിന്ന് പ്രകടമാവുകയോ ജീവസൃഷ്ടിയിൽ നിന്ന് പ്രകടമാവുകയോ പരമ്പരാപ്രാപ്തമായ അജ്ഞാനത്തിൽ നിന്ന് പ്രകടമാവുകയോ ചെയ്യുമ്പോൾ എനിക്ക് പലതാകണമെന്നാഗ്രഹം വരും അതാണ് അവിദ്യയുടെ ആദ്യ രൂപം അവിടെ എനിക്ക് പ്രകടമാകണം എന്നാഗ്രഹം വരും ജനിപ്രാദുർഭാവം എനിക്ക് ജനിക്കണമെങ്കിൽ ജായ വേണം അപ്പോഴാണ് പ്രജാം പ്രജായേയ എന്ന ഉള്ളിൽ തോന്നൽ അത് കഴിഞ്ഞാൽ വാസനയിൽ കർമ്മങ്ങൾ ആവിർഭവിക്കും അപ്പൊ തോന്നും വിത്തം മേസ്യാദ കർമ്മകുർവീയ അങ്ങനെയായി വളർന്നു വളർന്നു പോകുന്നത് അപ്പോഴും ആദ്യമായ ആനന്ദത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സദ്ഭാവത്തിൻ്റെ വിളക്കകത്ത് തെളിയുന്നുണ്ടാവും ഈ ആഗ്രഹം ഉദിച്ചത് മുതൽ ഇന്ദ്രിയങ്ങളും അതിൻ്റെ അതിദേവതകളും ഒന്നും അകത്തേക്ക് തെളിയില്ല പുറത്തേക്ക് തെളിയില്ല വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് അതിൻ്റെ വളർച്ചയെ അറിവായി ധരിക്കും അതിനെ ഭാരതം അറിവില്ലായ്മയെന്ന് വിളിക്കും പാശ്ചാത്യം അറിവെന്ന് വിളിക്കും ാത്ത വിഷയങ്ങളുണ്ടാക്കുന്ന സ്ഥന്ത മാത്രകളെ പഠിച്ചും പഠിപ്പിച്ചും ജന്മം കളയുമ്പോൾ അറിവുണ്ടാകുന്നുവെന്ന് പാശ്ചാത്യ ദർശനം എത്ര കണ്ട് ആദിമരൂപമായ ആത്മപ്രകാശത്തിലേക്ക് ത്യജിച്ച് ത്യജിച്ചെത്താൻ കഴിയും എന്നന്വേഷിക്കുന്നത് ഭാരതീയ ദർശനം ഇത് രണ്ടും സമന്വയിക്കാമെന്നാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഗുരുക്കന്മാർ പറയുന്നത് ഇരുട്ടും വെളിച്ചവും എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ ആലോചിച്ച് നടത്തിക്കുള്ള ഇത് രണ്ട് വിപരീത ബന്ധക്കളാണ് പക്ഷെ ഇത് തന്നിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നുള്ളത് അതിനെ നിഷേധിച്ചും എത്താൻ പറ്റില്ല അവിടെയാണ് ഭാരതീയ ദർശനത്തിൻ്റെ മഹിമാവ് കിടക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു നിന്റെ മനസ്സും വാക്കും ഇണചേർന്നുണ്ടാകുന്നതാണ് വത്സ ഈ പ്രപഞ്ചം അത് നിൻ്റെ രണ്ടാമത്തെ ആത്മാവ് അത് അറിവിൽ നിന്നിലെരിഞ്ഞടങ്ങണം ഓരോരുത്തരിലും കാണുന്ന പ്രപഞ്ചം ഓരോന്നാണ് ഒന്നല്ല പ്രതിവിഷയം ഉളവാകുന്ന പ്രപഞ്ചമെല്ലാം വേറെ വേറെ ആയതുകൊണ്ട് ഓരോരുത്തൻ്റെയും ജ്ഞാനത്തിലാണ് ദഹിപ്പിക്കേണ്ടത് അല്ലാതെ ശിഷ്യൻ്റെ അജ്ഞാനം ഗുരുവിൻ്റെ ജ്ഞാനത്തിലോ ഗുരുവിൻ്റെ അജ്ഞാനം ശിഷ്യൻ്റെ ജ്ഞാനത്തിലോ ഒന്നും ദഹിക്കില്ല കാരണം വാസനാ പ്രപഞ്ചങ്ങളെല്ലാം വേറെ വേറെയാണ് വാസനകൾ ഭിന്നമാണ് അതുകൊണ്ട് സൂക്ഷ്മമായ അനുഷ്ഠാനങ്ങളും ദേവതാ ഉപാസനകളും വേറെ വേറെയാണ് അതുകൊണ്ടാണ് ഭാരതം ബഹുദൈവാരാധനയൊക്കെ ഉള്ളതാണെന്ന് ആളുകൾ പറയുന്നത് കാരണം ബഹുദൈവങ്ങളാവണം ആ വാസനാചാരങ്ങൾ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നവനും നിൽക്കാത്തവനും ജ്ഞാനി നിൽക്കുന്നവൻ ഈ വാസനകൾ കളിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ അതിദേവതകൾ സമസ്തവും അന്തർമുഖമാണ് ഒളി മുതൽ അമ്പഴമുണ്ട് നാറുന്നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചുമരിഞ്ഞു തിരൂരുവേന്തിയകം വിളങ്ങിടേണം അതിനിതാ പണി ഗുരുദേവൻ ഈ പണി ചെയ്തതാണ് ഈ പണി ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് ശബ്ദം സ്പർശം മുതലായ വിഷയങ്ങൾ ഒളി മുതലായ അഞ്ചു പഴങ്ങളുണ്ട് നാറുന്ന ശരീരത്തില് മാറി മാറിക്കളിക്കുന്ന അഞ്ചു കിളികളെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലൂടെ മയങ്ങളായ വിഭിന്ന പ്രഭാ പ്രപഞ്ചങ്ങൾ ഉണ്ടാക്കി കളിക്കുന്ന ഇന്ദ്രിയങ്ങളെ അഞ്ചിനെയും അരിഞ്ഞു കീഴ്മറിക്കുക പുറത്തേക്കിരിക്കുന്നതിനെ അകത്തേക്കാക്കുക ഏതോ ഒരു ധീരനാണ് ഇത് ചെയ്തതെന്നാ പറയുന്നത് പ്രത്യകാത്മാനമൈക്ഷവൃത്ത ചു അമൃതത്വമിച്ഛൻ കടം സ്വയംഭൂ പുറത്തേക്ക് വെച്ചതായി സാർ അങ്ങനെ അന്തർമുഖത്വം കൊണ്ട് സത്യം കണ്ടാൽ ജ്ഞാനിക്ക് നിത്യാ നിത്യവിവേകം വന്ന് ലോകം അസത്താണെന്നും സത്ത് ആത്മാവാണെന്നും നിത്യം അതാണെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ആ സത്ത് ഏകമായ അദ്വയമായ ആത്മാവ് തത്വനിരൂപണത്തിൽ വ്യാകൃതമായി തീർന്ന് വികാരം കൊണ്ട് ഉണ്ടായതാണ് ഉലകയെന്ന് അറിയുകയും ആ സദ്വസ്തു തന്നെയാണ് ചിത്തജ്ഞാനമെന്നും ഇന്ദ്രിയഗോചരമായി കാണുന്ന സകലത്തിലും സുഖം എന്ന് വിചാരിക്കുന്നത് അതിൻ്റെ സുഖമല്ലെന്നും അത് ആത്മസുഖമാണെന്നും ത്തിന്റെ സ്ഫുലിംഗം മാത്രമാണെന്നും ഇന്ദ്രിയ ഗോചരമായ ലോകത്ത് നിന്ന് എന്തു സുഖം ലഭിക്കുമ്പോഴും അതാണ് സുഖം തന്നത് എന്നോർത്ത് അതിനെ മാനിച്ചതിൻ്റെ പിന്നാലെ പോകാതെ പോയാൽ അടിയിട്ടും അടിയിട്ടുമ്പോൾ മനസ്സിലായാൽ എളുപ്പമാണ് ഭാര്യസുഖമാണ് എന്ന് പറഞ്ഞ് ഭാര്യയുടെ പിന്നാലെ കുറെ കഴിഞ്ഞു ഒരു ദിവസം മനസ്സിലാക്കി ഇവളത്ര സുഖമൊന്നും അല്ല അന്ന് പിന്നെ നാട്ടുകാരോടൊക്കെ ഇവളുടെ കുറ്റം പറഞ്ഞടക്കുക ഇത് തൻ്റെ ആത്മാവ് അവളിൽ പ്രിയം ഹേതുവായിട്ടാണെന്നും അസ്ഥിഭാതി പ്രിയങ്ങളിലെ പ്രിയം കൊണ്ടാണ് അവളാകുന്ന കണ്ണാടിയിൽ ആ പ്രിയം വന്ന സമയത്ത് തൻ്റെ പ്രതിബിംബം തെളിഞ്ഞുണ്ടായതെന്നും അത് കണ്ട് മോഹിച്ചാണ് ഇവൾ സുഖമാണെന്ന് വിചാരിച്ചതെന്നും പ്രിയം മാറി അപ്രിയം വന്നപ്പോൾ പ്രതിബിംബം കാണാതെ വന്നുവെന്നും അപ്പോൾ ഇവൾക്ക് തന്നോട് പ്രിയമില്ലെന്നും ഒക്കെ തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ അവളുടെ കണ്ണാടിയിൽ വേറെ ബിംബം ഉണ്ടാകാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇതുപോലെ നിങ്ങളുടെ വിഷയ വിഷയം പ്രതി ഈ ബിംബ പ്രതിബിംബം ഉണ്ടാകും ബോധമുള്ളവനെ ഇതറിയുള്ളൂ ഇത് നല്ലതാണ് ഇത് പ്രിയമാണ് ഇത് ഉള്ളത് കൊണ്ട് നിങ്ങളോട് സംസാരിക്കാം നിങ്ങളെ നേരിടാം എന്നൊക്കെ വിചാരിച്ച് ഇതിലെൻ്റെ പ്രതിബിംബം പ്രിയമായിരിക്കുമ്പോൾ ഇത് ചാരുവായിരിക്കുമ്പോൾ സുഖമാണ് ഇത് കറണ്ടങ്ങ് പോയാൽ ഇത് വർക്ക് ചെയ്യാതായാൽ ഇതിലെൻ്റെ പ്രതിബിംബം വീഴില്ല അപ്പം ഈ സാധനെടുത്ത് വലിച്ചെറിയുകയും ഇതെങ്ങനെയാണെന്ന് പറയുകയും എന്നും എല്ലാം ഇങ്ങനെയാണ് മനസ്സിലായില്ല ഇത് പ്രിയം പ്രതിയാണ് അസ്ഥിഭാതി പ്രിയം അതനുസരിച്ച് വരുന്ന സച്ചിദാനന്ദം ഇതറിഞ്ഞ ഞാനിക്ക് ഈ പ്രപഞ്ചം സുഖസ്വരൂപമാണ് ലോകത്തെ ആനന്ദമായി അനുഭവിക്കുന്നത് ജ്ഞാനികൾ മാത്രമാണ് അജ്ഞാനിക്ക് ലോകാനുഭവം ഇല്ല തെറ്റിദ്ധാരണയൊന്നും വേണ്ട ലോകാനുഭവത്തിനാണ് ഉഴറി ഓടുന്നത് ലോകാനുഭവം അജ്ഞാനിക്കില്ല ലോകാനുഭവം ഈശ്വരൻ തന്നെയാണെന്ന് അറിയുന്നത് ജ്ഞാനിയാണ് അങ്ങനെയാ ഗുരുദേവൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ല അനിർതം അജ്ഞൻ സത്തല്ല അജ്ഞനായവന് ഇത് അനിർതമാണ് അത് ഋതത്തിന് നിരക്കുന്നതല്ല സുഖസ്വരൂപമല്ല ആനന്ദസ്വരൂപമല്ല അജ്ഞാനിക്കത് അപ്രകാശമാണ് അചിത്താണ് അസത്താണ് അചിത്താണ് ദൃഷ്ടാന്തം കൊണ്ട് പറയുകയാണ് തെളിഞ്ഞ കണ്ണുള്ളവൻ നോക്കിയാൽ പ്രകാശിക്കുന്ന സൂര്യൻ പാനുമാനർക്കൻ രണ്ടും സൂര്യൻ്റെ പര്യായമാണെങ്കിലും പ്രകാശിക്കുന്ന എന്ന് ഭാനുമാൻ അർക്കൻ എന്നാൽ സൂര്യൻ പ്രകാശം ചുരിഞ്ഞു നിൽക്കുന്ന ഉച്ചസ്ഥനായ സൂര്യൻ കണ്ണുള്ളവന് പ്രകാശം അന്ധന് ശൂന്യവസ്തു അതുപോലെ ഞാനീ അജ്ഞനും തമ്മിൽ ഭേദമുണ്ട് മൂന്ന് ഭാവങ്ങളും വളരെ പ്രകടമായി പറഞ്ഞു ആത്മാവ് സത്താണ് ആത്മാവ് ചിത്താണ് ആത്മാവ് ആനന്ദമാണ് അവ്യാകൃതമായ സച്ചിതാനന്ദം വികാരമായി വ്യാകൃതമായി തീർന്നതാണ് ഈ ദൃശ്യ കാര്യകാരണങ്ങളൊന്നാണ് എന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെയാണ് ജ്ഞാനിക്ക് അതുകൊണ്ട് ജ്ഞാനി സച്ചിദാനന്ദത്തിലാണ് അജ്ഞൻ ുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുന്നവനാണ് അതിൻ്റെ സ്വരൂപ ദർശനം അതിൻ്റെ ഹേതു ദർശനം വിശ്വത്തിൻ്റെ ഹേതു സ്വരൂപം വിശ്വാനുഭവത്തിൻ്റെ ഫലം മൂന്നും ഏകത്ര ചേരുന്നത് ജ്ഞാനിയിലാണ് അതാണ് ഗുരുദേവൻ നേരത്തെയും പറഞ്ഞു പരമാവധി പരമാവധി നേരത്തെ പഠിച്ചതാ പരമാവധി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാ ബോധമത്രേ മറിച്ച് നോക്കി പരമാവധി ഏ ഏ കണ്ടോ ആ മൂന്നാം ശ്ലോകത്തിൽ വളരെ സ്പഷ്ടായിട്ടാണ് ഇത് പരമാവധി ബോധമാണ് ബോധത്തിൽ നിന്ന് അന്യമായൊന്നുമില്ല ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളൈക്രമാൽ അവയും പുനരുറ്റു നോക്കിയാൽ അവഭാസിക്കും അഖണ്ഡബോധമായി ശ്ലോകം വിദ്യാനന്ദൻ്റെയാണ് ശങ്കരദർശനത്തിൻ്റെ മഹിമാവിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് കഷ്ടിച്ച് അതിനടുത്തവരെയൊക്കെ പ്ലാങ്കും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം സപ്രപഞ്ചപരിഗണനയിലൂടെ ഭാരതീയത്തിയത് നിഷ്പ്രപഞ്ച പരിഗണനയിലൂടെയും ഒരുപോലെയാണ് ഭാരതീയാചാര്യന്മാർ സപ്രപഞ്ച പരിഗണനയിലൂടെ കിടന്നുപോയ ആധുനിക ശാസ്ത്രം ഇതിൻ്റെ അടുത്തെത്തി ക്വാണ്ടത്തിലെത്തി കഷ്ടിച്ച് ഇത് കോൺഷ്യസ്നെസ് ആണ് എന്ന് പറയുന്നറമ്പരയൊക്കെ എത്തി അത് കണ്ടുകൊണ്ട് അതിനോട് ഭാരതീയ ദർശനങ്ങളെ സമന്വയിപ്പിക്കരുത് അതൊരു വിദൂരസ്ഥമായ കണ്ടെത്തൽ മാത്രമാണ് അനുഭവമല്ല അനുഭവം ആയിരം ആതിഥേയന്മാരൊന്നിച്ചു വരുന്നത് പോലെ അങ്ങനെയാണ് നാരായണ ഗുരുവും ശങ്കരനും ഒക്കെ കണ്ടത് രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ തെരേസയും നിജയിലെ ഗൃഹറിയും ഒക്കെ കണ്ടത് അങ്ങനെയാണ് ഭാവാദീതന്മാർ ആ ശാസ്ത്രകാരൻ ഉണ്ടാവില്ല കാരണം അവൻ്റെ പണി ഹിംസാത്മകമാണ് അതുകൊണ്ട് അനുഭൂതി കിട്ടില്ല അപ്പൻ പറഞ്ഞ പോലെ എം ബി അപ്പൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബോട്ടാണിസ്റ്റിൻ്റെ കയ്യിലേക്ക് ഒരു പൂ പറിച്ചു കൊടുത്ത് അവനതിൻ്റെ സത്ത് കണ്ടെത്തുവാൻ അവൻ്റെ മനസ്സിലേക്കല്ല നോക്കുക പൂവിലേക്കാണ് നോക്കുക ആ മൈ റൈറ്റ് ഏ എന്നിട്ട് അതിന്റെ കാലിക്സ് കൊറോള സ്റ്റേമൻസ് പിസ്റ്റൽ മുറിച്ചൊന്നൊന്നായി പരീക്ഷിച്ചാൽ പുഷ്പോധനം ചെയ്താൽ കാന്തിയൊക്കെയും വജ്രം ഈ പണി ചെയ്യുന്നവനെയാണ് നിങ്ങൾ ശാസ്ത്രകാരൻ വിളിക്കുന്നത് മനസ്സിലായില്ല നിങ്ങളിലെ നശീകരണ ബുദ്ധി മുഴുവൻ സജീവമായി തീർന്ന് സകലതും നശിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയെ ശാസ്ത്രമെന്നും സാങ്കേതിക കവിതയെന്നും ഒക്കെ നിങ്ങൾ വിളിക്കുന്നു അപ്പൻ ഹൃദയഭേദകമായി എഴുതിയിട്ടുണ്ട് അല്ലിയും നാമ്പും മുറിച്ചൊന്നൊന്നായി പരീക്ഷിച്ചാൽ പുഷ്പത്തിൻ മു നിർത്ത് ഒന്നിന്റെ സ്വരൂപം നഷ്ടപ്പെടുത്തുന്ന ഹിംസാത്മകമായ പഠനമൊക്കെ നിർത്തി വിനയ ശ്രീലാളിതന്മാരായി മര്യാദാമസൃണമായി കാണുന്ന വസ്തുവിലേക്ക് പഠിക്കാൻ പോകാൻ എളുപ്പത്തിൽ ആ വസ്തുവിനെ കണ്ട കാഴ്ചയുണ്ടാക്കിയ വാസന ഏതാണോ അതുവഴി തൻ്റെ ഉള്ളിലേക്കും എല്ലേ ഒന്ന് തിരിയെ അപ്പോൾ പ്രകാശിച്ചു കാണും വസ്തു കളയണ്ട അങ്ങനെയായി എണ്ണമറ്റേ ആയുർവേദവും ദർശനവും അതും ഇതുമൊക്കെ ഭാരതീയമാർ കണ്ടുപിടിച്ചത് അല്ലാതെ ഇവരുള്ള ഗിനിപ്പന്നിയെ കൊന്നും വെള്ളലിയെ കൊന്നും മനുഷ്യനെ കൊന്നു എന്നും അല്ലെങ്കിൽ ഇനി അങ്ങനെ കൊന്നൊക്കെ ആയുർവേദം കൊടുക്കാവൂന്ന് നിയമം വരാൻ പോവുകയാണ് വിവരദോഷികളിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും രണ്ടായിരം വർഷത്തിൻ്റെ അനുഭവമുള്ള സാധനം വരെ അനുഭവം വെടിഞ്ഞ് പരീക്ഷിക്കണം എന്നുള്ളിടത്താണ് നിൽക്കുന്നത് ഇതിന്റെ അനുഭൂതിയിലാകുമ്പോൾ പ്ലാങ്ക് പറഞ്ഞതിനപ്പുറത്ത് ശങ്കരൻ പറയും ഈ പ്രകാശം ആത്മപ്രകാശം ഈ കോൺഷ്യസ്നെസ് എത്രയതിൻ്റെ വലിപ്പം നിങ്ങളുടെ ജ്ഞാനശക്തി എത്രയോ അത്രയോ ചിദ്രൂപമെത്രയോ അത്രയും അതാണ് അതിൻ്റെ പരമമായ അവധി അതറിഞ്ഞിട്ടാ പറഞ്ഞ് ഓരോരുത്തൻ്റെയും വാസന ഒതുക്കി വെക്കുന്ന ജ്ഞാനത്തിനനുസരിച്ച് കാര്യം മനസ്സിലാവും അതാണ് അധികാരി ഭേദം എല്ലാ എല്ലാവർക്കും മനസ്സിലാവില്ല എങ്ങനെ ലളിതമാക്കിയാലും എങ്ങനെ പഠിപ്പിച്ചാലും എങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞാലും മനസ്സിലാവില്ല ചിദ്വിലാസം എത്ര അത്രയും നിങ്ങൾക്ക് അറിയാറാവും കാരണം നിങ്ങളിലൊരു ചിദ്വിലാസിനി ഉണ്ട് നിങ്ങളുടെ ജ്ഞാനം വിലാസമായി തീർന്ന ഒരു വളി ഇരിപ്പുണ്ട് അത്രയും അതാ ഇതിൻ്റെ പരമാവധി അപ്പം പരമമായ അവധി വെച്ചുകൊണ്ടാണ് ശങ്കരനും മറ്റും ഇത് അത് അജ്ഞാനിയായവന് എങ്ങനെ സൂര്യൻ കണ്ണുള്ളവന് പ്രകാശിക്കുമ്പോൾ കണ്ണില്ലാത്ത അന്ധന് ഇരുളാർന്ന ശൂന്യം എന്നു തോന്ന പോലെ അപ്പൊ വസ്തുവിനെ കാണുന്നത് ഉള്ളിലെ പ്രകാശം അത് കത്തിയിട്ട് വരുന്ന മനപ്രകാശം ജഡമായ മനസ്സ് പ്രകാശിക്കുക സങ്കല്പവികല്പങ്ങൾ ഉണ്ടാവുക അതിൻ്റെ പ്രകാശത്തിൽ അതിൽ തട്ടി വരുന്ന പ്രകാശത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുക അതിൻ്റെ ബുദ്ധി പ്രകാശ പ്രകാശിക്കുക അതിലൂടെ പ്രപഞ്ചബോധമുണ്ടാവുക അല്ലാതെ പ്രപഞ്ചം ഉള്ളതുകൊണ്ട് കാണുകയല്ല നിങ്ങൾക്ക് പ്രകാശവും വാസനയും ഉള്ളതുകൊണ്ട് പഞ്ചീകരിച്ചു പ്രപഞ്ചം ഉണ്ടാക്കുകയാണ് ഓരോരുത്തൻ്റെയും പ്രപഞ്ചം ഓരോന്നാണ് യും ക്ലിയറായോ ആവോ ഏ ഏ നിഷ്പ്രപഞ്ച പരിഗണന എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് ചിലർക്ക് ആദ്യം തന്നെ തോന്നും അവരെല്ലാം നേതീ നേതീയെന്ന് പറയും അങ്ങനെ എത്തുന്നതും ചിലർക്കാണെങ്കിൽ ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നും അവർ ഇതി ഇതി എന്ന് പറഞ്ഞ് പോകും അതാണ് സപ്രപഞ്ച പരിഗണന രണ്ട് ചിന്താധാരയാണ് മനസ്സിലായി പാശ്ചാത്യ ലോകം ഇതിലെ ഒരു പരിഗണനയെ മാത്രം വച്ചുകൊണ്ടാണ് പോയത് ഭാരതീയർ പോയത് രണ്ടും വച്ചുകൊണ്ടാണ് രണ്ടും ഒരിടത്ത് ചെന്നെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആചാര്യമതം തത്വമസി അത് സപ്രപഞ്ചപരിഗണനയിലാണ് മനസ്സിലായി അഹം ബ്രഹ്മാസ്മി അത് നിഷ്പ്രപഞ്ച പരിഗണനയിലാണ് അത് നേതിയിലൂടെയാണ് അഹം ബ്രഹ്മം എന്നുള്ളിടത്തെത്തുന്നത് തത്വമസി എന്നുള്ളത് എത്തുന്നത് സപ്രപഞ്ച പരിഗണനയിലാണ് വത്സ കുറച്ചു എടുത്തുകൊണ്ടുവരൂ ആ വെള്ളത്തിൽ കലക്കൂ അതിൻ്റെ മുകളിൽ നിന്ന് കുടിക്കൂ കലന്തുരന്ന അടിയിൽ നിന്ന് കുടിക്കൂ എല്ലായിടത്തും ഉപ്പുണ്ട് അത് നീയാണ് പോയി ആൽമരത്തിൻ്റെ വിത്തെടുത്തുകൊണ്ട് വരൂ ആ വിത്ത് മുറിക്കൂ എന്ത് നീ കാണുന്നു നീ എന്ത് കാണുന്നില്ലയോ അതാണ് വികസിച്ചു പടർന്നു പന്തലായി നിൽക്കുന്ന ആ ആൽമരം അത് നീയാണ് ആ അങ്ങനെ പോകുന്നതാണ് സപ്രപഞ്ച എല്ലാം നീ തന്നെയാണ് ഒന്നിനെ നിഷേധിക്കാതെ മനസ്സിലായി രണ്ട് പന്ധാവിലൂടെ നിങ്ങൾ എത്തിയാലും ഒരു മാന ബിന്ദുവിലേ എത്തുള്ളൂ അടുത്ത സ്ലോ ഒരുമാതിരി നന്നായി മനസ്സിലായി വിചാരിക്കുന്നു അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി ൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിൽ ഇതു രജ്ജുവിൽ നിന്നുവേറൽ വെറോ വിത്തൊന്നുതാൻ വിവിധമായി വില സിതിങ്കൽ രം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിത് രജ്ജുവിൽ നിന്നുവേറോ വിത്ത് ഒന്നുതാൻ ഒരേ വിത്ത് വിവിധമായി വിലസുന്നു ഇതിങ്കൽ അർത്ഥാന്തരം ചെറുതും വിശേഷമായി ഇല്ല രജ്ജുസ്വരൂപം ഇരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിത് രജ്ജുവിൽ നിന്നു വേറൊരു വളരെ ക്ലിയറായി ലളിതമായി കാര്യം പറഞ്ഞിരിക്കുക വിത്ത് ഒന്നേ ഉള്ളൂ എല്ലാത്തിൻ്റെയും സത്ത ഏകമാണ് അദ്വൈതാനുഭവം എന്ന് പറയുന്നത് അതാണ് വേറെ വേറെയായി കാണുന്നു എങ്കിൽ അദ്വൈതാനുഭവം ഇല്ല എല്ലാ ജീവസത്തയും ഏകമാണ് ഇത് തെറ്റിദ്ധരിച്ചിട്ട് ചിലപ്പോൾ നാളെ മുതൽ നിങ്ങൾ വീട്ടിലുള്ള പട്ടിയോടൊപ്പം കിടക്കും അത് അദ്വൈതമല്ല ആരെങ്കിലും അങ്ങനെ കിടന്ന് കണ്ടാൽ അദ്വൈതമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും അതും അദ്വൈതമല്ല കാരണം അത് വാസനയാണ് ആ വേർപെടുത്തുന്നത് ആ വാസന മാറ്റിയിട്ടുള്ള സാധനമാണ് സത്ത അജ്ഞാനത്തിലിതെല്ലാം വേറെ വേറെയാണ് ക്രിയകളെല്ലാം അജ്ഞാനത്തിലാണ് ജ്ഞാനത്തിൽ ഒരു ക്രിയയുമില്ല പ്രപഞ്ചം സക്രിയമാകുന്നിടത്തെല്ലാം സ്വേച്ഛയാൽ പരേച്ഛയാൽ അനിച്ഛയാൽ സ്വേച്ഛാപ്രാരോച്ഛാങ്ങളാലോ അനിച്ഛാപ്രാരങ്ങളാലോ അജ്ഞാനം ഉണ്ട് സ്വേച്ഛാപ്രാരബ്ധം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പോലെ കാരണം നമ്മൾ നമ്മുടെ അജ്ഞാനം കൊണ്ട് ജനിച്ചതാണ് മനസ്സിലായില്ല മഹാപുരുഷന്മാരുണ്ട് അവരവർക്ക് അജ്ഞാനം ഉണ്ടായിട്ട് ജനിച്ചതല്ല അവരിൽ ചിലര് പരേച്ഛയാൽ ജനിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൗഷ്ട്യങ്ങളും വിഷമതകളും ഒക്കെ കാണുമ്പോൾ ലോകം ഒന്നിച്ചിങ്ങനെ പ്രാർത്ഥിക്കും ഇതൊക്കെ പോകാൻ പറ്റിയ ഒരു ദിവ്യൻ ഒരു മഹാനുഭാവൻ നാളെ ഇങ്ങോട്ട് എഴുന്നള്ളയണമേ ഇതൊക്കെ അങ്ങ് തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സകലായുധങ്ങളാകുന്ന ജ്ഞാനത്തോടും കൂടി ചിലപ്പോൾ ചിലതിങ്ങി വരും അവർക്ക് യാതൊരു ഇച്ഛയും ഈ പ്രപഞ്ചത്തിലില്ല പക്ഷെ അവർക്ക് പരേച്ഛയുണ്ട് അവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ അന്യൻ്റെ ഇച്ഛ അത് സമഷ്ടി ഇച്ഛയിലാണ് പ്രവർത്തി മനസ്സിലായി അത്തരം ആളുകൾ ലോകത്തുണ്ട് നിങ്ങളുടെ ഇടയിലൊക്കെ ചിലപ്പോൾ കാണും നമ്മളെന്നൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു മഹാപുരുഷൻ വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വന്നിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് തോന്നണ്ട ചിലരങ്ങനെ പരേച്ഛയിൽ ജീവിക്കും യാതൊരു സ്വന്തം ഇച്ഛയുമില്ല ഒന്നും ആവശ്യമില്ല അവരെ ഈ അടിച്ചു സമഷ്ടി ഇച്ഛയ്ക്ക് അനുഗുണമാണോ അതവരുടെ ഇച്ഛയാണ് അവർ കയറി വീ ഭാരതം ഇപ്പോൾ അത്തരം ഒരാളെ കാത്തിരിക്കുന്ന സമയമാണ് ഭരണത്തിലും മറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ ദിവ്യൻ നാളെ വന്ന് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തും അത്ര കണ്ട് അതിക്രമങ്ങളായി അഴിമതിയും അക്രമവും ശരകൻ പറയുന്ന ജനപഥ്വംസന രംഗത്തെത്തി കഴിഞ്ഞു സകലതും ദുഷിച്ച് കഴിഞ്ഞു വാതാവരണം മുഴുവൻ ദൂഷിച്ചു ഇനി അത്ര വേഗമൊന്നും ജനാധിപത്യത്തിന് പോലും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രയായി ആ രീതിയിലാവുമ്പോൾ ജനം പ്രാർത്ഥിക്കും അപ്പോൾ സമഷ്ടിയുടെ ബോധം കാരണം അതിന് ചെയ്യാൻ മേലാത്ത ഒന്നുമില്ല കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭാരതീയ നിർവചന പ്രകാരം അനുസരിച്ച് കർത്തും അകർത്തും അന്യഥാകർത്തും സമർഥ മനസ്സിലായില്ല ചെയ്യാൻ കഴിയുന്നവൻ ചെയ്യാതിരിക്കാൻ കഴിയുന്നവൻ വേറൊരു വിധത്തിൽ ചെയ്യാൻ കഴിയുന്നവൻ ചെയ്യുക ചെയ്യാതിരിക്കുക മറ്റൊരു വിധത്തിൽ ചെയ്യുക പ്രതീക്ഷിക്കുന്ന പോലെ അല്ലാതെ ചെയ്യാൻ കഴിയുക ഇവനെയാ ഈശ്വരൻ വിളിക്കുന്നത് ആ വിഭൂതിയുള്ളവനൊക്കെ അങ്ങനെയാണ് പെരുമാറുക ഇവനെങ്ങനെയാണ് ചെയ്യുക എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ചെയ്യും അപ്പം വളരെ നല്ലവനായിരിക്കും സൽഗുണസമ്പന്നനായിരിക്കും എല്ലാം തികഞ്ഞവനായിരിക്കും ചിലപ്പോൾ ചെയ്യാതിരിക്കും ചിലപ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാതെ ചെയ്യും ഇതാണ് പരേക്ഷയുടെ പ്രത്യേകത അത് പരേക്ഷാപ്രാരമാണ് മറ്റ് ചിലതുകൊണ്ട് പ്രളയവും സൃഷ്ടിയുമൊക്കെ എടുക്കുമ്പോൾ ഉത്തരദായിത്വം കൊണ്ടുവരുന്ന അനിച്ഛാ പ്രാരമാണ് മനുന്ദരാധീശന്മാരും ഒക്കെ അങ്ങനെ വരുന്നവരാണ് വ്യാസാദികളൊക്കെ അങ്ങനെ വരുന്നവരാണ് ഇപ്പൊ സ്വേച്ഛ പരേച്ഛ അനിച്ഛതിലൂടെ ഒക്കെ വരും അവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ വാസനയിലാണ് ഉണ്ടാകുന്നത് സ്വേച്ഛയിലാണ് ആ സ്വേച്ഛാവാസന കൊണ്ട് പശുവായി പട്ടിയായി പൂച്ചയായി ഒക്കെ പോയത് വാസനയിൽ വേറെ വേറെയാണ് അതുകൊണ്ട് ഒന്നാണെന്ന് പറഞ്ഞ് ഇന്ന് ഒന്ന് പൂച്ച എടുത്ത് മടി വെച്ചിലാളിക്കരുത് കുറച്ച് കഴിയുമ്പോൾ മക്കൾക്കൊക്കെ ടോക്സോപ്ലാസ്മോസിസ് ഒക്കെ ഉണ്ടാവും കുട്ടിയുണ്ടാവാതെ ഒരു കാരണം അതിൽ അതിൻ്റെ ദേഹത്തൊക്കെ ചില അണുക്കളുണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ കയറും ഗർഭാശയത്തിലേക്കൊക്കെ പ്രവേശിക്കും അത് പുരുഷ തിന്നു നശിപ്പിക്കും അപ്പോൾ സ്വാമി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്വൈതികളായി പോയിട്ടാണ് ഈ ഗതിയേട് പറ്റിയത് എന്നൊന്നും കാരണം അത് വാസനയുടെ വ്യത്യാസമാണ് വാസന വ്യത്യാസമുള്ളവ ക്രിയ അജ്ഞാനമായതുകൊണ്ട് അജ്ഞാനത്തിൻ്റെ മര്യാദകളാണ് ക്രിയയിൽ അനുഷ്ഠിക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ മര്യാദകളല്ല സക്രിയ വേദാന്തം എന്നൊക്കെ കേൾക്കാൻ എളുപ്പമാണ് മനസ്സിലായില്ലേ ആക്റ്റീവ് അങ്ങനെയല്ലേ നിങ്ങൾ പറയാം അദ്വൈതം പ്രയോഗത്തില് ഈ സാധനമില്ല ഇത് അനുഭൂതിയിൽ മാത്രമുള്ളതാണ് അതുകൊണ്ട് പോയി പട്ടിയേയും പൂച്ചയും ഒക്കെ ഒന്നായിട്ട് കണ്ടു അതിൻ്റെ ആത്മതലത്തിൽ ജ്ഞാനതലത്തിൽ ഇതെല്ലാം ഒന്നാണ് അതാണ് ശങ്കരന്റെ മഹിമ ശങ്കരൻ തെറ്റിദ്ധരിപ്പിച്ചില്ലാരെയും ഭാവാദ്വൈതം സദാ കുരിയാവൈതം കുത്ര അതുകൊണ്ട് പോയി പതിവായിട്ട് കുളിക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യുന്നത് നിർത്തി പട്ടി കുളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുളിക്കാതെ അതിൻ്റെ കൂടെ കയറി കിടന്നിട്ട് അദ്വൈതിയാണ് എന്നൊന്നും ഭാവിക്കരുത് വാസനയാണ് ഈ വ്യതിയാനമൊക്കെയെന്ന് നല്ലപോലെ മനസ്സിലാക്കി വാസനയിലാണ് ക്രിയ എന്നറിഞ്ഞ് സക്രിയമായതെല്ലാം അജ്ഞാനത്തിലാണെന്നും അജ്ഞാനത്തിൻ്റെ മര്യാദകളെല്ലാം ക്രിയയിൽ ജ്ഞാനം വന്നാലും കാണിക്കണം മറ്റുള്ളവർക്ക് മാതൃകയായി ഭംഗിയായി വസ്ത്രധാരണം ചെയ്യാവൂ പതിവായി കുളിക്കണം നഖങ്ങളൊക്കെ വെട്ടണം തലമുടിയൊക്കെ വെട്ടി ഒതുക്കി മര്യാദയ്ക്ക് വയ്ക്കണം പറ്റിയാൽ തലയിൽ ഉഷ്ണീഷം ധരിക്കണം ഇങ്ങനെയൊക്കെ മര്യാദക്ക് ജീവിക്കണം മനസ്സിലായില്ല അതൊക്കെ ഞാൻ വിട്ടു അപ്പൊ ഈ ലോകത്തെങ്ങ് നിൽക്കരുത് വിടുമ്പ നേരെ വിട്ടോണം ഹിമാലയത്തിന്റെ ഉച്ചയിലെ കാളില്ലാത്തടത് മറ്റുള്ളവർ കാണുന്നുണ്ടോ മര്യാദ ജീവിക്കണം നിങ്ങക്ക് എന്നോട് കൂടുതൽ ദേഷ്യം വരുന്നതായിരിക്കുമോ എന്താ ക്രിയം എന്ന് പറഞ്ഞാൽ ക്രിയയായി കർമ്മമായി രൂപാന്തരപ്പെടുന്നതെല്ലാം അജ്ഞാനമാണ് മനസ്സിലായി എല്ലാം ഈശാവാസ്യം ഈശാവാസ്യം ശ്ലോകം ശ്ലോകം അല്ല അവിടെ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട് അവിദ്യാമന്തര അല അവിദ്യയെ ഉപാസിപ്പവർ ഗുരുദേവൻ്റെ തന്നെ ആയിക്കോട്ടെ അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസിലും വിദ്യാരഥർ അങ്ങതെ കൾക്കൂരിട്ടിലും എന്ന് വളരെ വ്യക്തതമായി പറയുന്നുണ്ട് അതുകൊണ്ട് അവിദ്യ കർമ്മം അവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം മനസ്സിലായി കർമ്മമെല്ലാം അവിദ്യാരൂപമാണ് അതുകൊണ്ട് കർമ്മത്തിൽ അദ്വൈതയില്ല കർമ്മങ്ങളറ്റ് വാസനകൾ ചെയ്യിച്ച് ഗ്രന്ഥികൾ പൊട്ടി ആണ് അദ്വൈതാനുഭവം ഉണ്ടാകുന്നത് ഭിത്യദേഹൃദയഗ്രന്ഥി ർമാണി തസ്മിൻ ദൃഷ്ടി പരാവരേ ആ പരാവരെ ദർശിച്ചാൽ കർമ്മയില്ലാത്തരത്തെ അനുഭവം കർമ്മത്തിൽ കൊണ്ടുപോകരുത് അത് തിരിച്ചറിയണം അതുകൊണ്ട് വളരെ സ്പഷ്ടമായാണ് ആചാര്യന്മാരിതെല്ലാം പറഞ്ഞിരിക്കുന്നത് വിത്ത്ന്നുതെല്ലാത്തിനും വിത്ത് ഒന്ന് വിവിധമായി വിലസുന്നു ഗുരുദേവന്റെ ജീവചരിത്രവും കൂടി എടുത്ത് നോക്കിക്കൊള്ളുക മാംസവും മത്സ്യവും ഒക്കെ വെക്കുന്ന വീട്ടിൽ ചെന്നാൽ ഗുരുദേവൻ വെള്ളം കുടിക്കൂല എല്ലാം ഒന്നാണെന്നൊന്നും കണ്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്വൈതാനുഭവം കുറഞ്ഞു പോയില്ല പറഞ്ഞു മനസ്സിലായില്ല എല്ലാം ഒന്നാണെന്ന് കാണുന്നത് ആത്മബോധത്തിലാണ് അത് പ്രത്യേകം തിരിച്ചറിയണം വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നു ഒരേ ഒരു ആത്മസ്വരൂപമാണ് വിശേഷരൂപത്തിൽ വിശേഷങ്ങളായ കൂടി പ്രതീതമാകുന്നത് ഇതിങ്കൽ അർത്ഥാന്തരം ഈ ദൃശ്യജാലത്തിൽ പൊരുളായിരിക്കുന്ന ഏകമല്ലാതെ വിശേഷമായി ചെറുതും വിശേഷമായില്ല അല്പം പോലും വിശേഷിച്ചില്ല സാമാന്യമേ ഉള്ളൂ സാമാന്യ തലത്തിൽ ഏകമായ വിത്ത് രണ്ടാമതൊന്നില്ല ചെറുതായി പോലും രണ്ടാമതൊന്നില്ല ഏകമാണ് ഈ സത്യം ഇരുട്ടുകൊണ്ട് സർപ്പം നിനക്കിൽ ഇത് രജ്ജുവിൽ നിന്ന് വേറോ വേറെയല്ല രജ്ജു തന്നെയാണ് രണ്ടു പേര് നടന്നു വരികയാണ് നടന്നു വരുമ്പോ ഒരുത്തം വിളിച്ചു പറഞ്ഞു വിടാ പാമ്പ് രണ്ടുപേരും ചാടി ഓടി പാമ്പിനെ കണ്ട് ഓടുക ഓടി വീട്ടിലെത്തി വീട്ടിൽ വന്ന് കാര്യമായ രീതിയിൽ ഈ പാമ്പും ഇത് കടിക്കാൻ വന്നതും പത്തി വിടർത്തിയതും ആടിയതും ഒക്കെ ഒരുത്തൻ വിളിച്ചു പറയാൻ തുടങ്ങി പാമ്പെന്ന് ഒരുത്തൻ പറഞ്ഞപ്പോഴേ മറ്റവനോടി പാമ്പെന്ന് പറഞ്ഞവനും ഓടി പേടിച്ച് ആദ്യം ഓടിയവൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്കൊരു പാമ്പുണ്ടായിരുന്നു കാരണംവരെ വലിയ പാമ്പായിരുന്നു അതിന്റേതായ ഇവിടുന്ന് അത്രയും നീളമുണ്ട് വാലകോ വളരെ തടിച്ചതാണ് വലിയ പാമ്പാണ് അതിൻ്റെ പത്തി കാണേണ്ടതാണ് വളരെ വലിയ പത്തിയാണ് അത് പത്തി വിടർത്തി അടി ചീറ്റി വന്നു ഞങ്ങളോടി അപ്പോൾ കാർന്നൂര് ചിരിച്ചുകൊണ്ട് പറഞ്ഞ അവിടെ പാമ്പുമില്ല പത്തിയും ഇല്ല ഞാനതിൽ പോന്നതാണ് അവിടെ കിടക്കുന്ന ഒരു കഷ്ണം കയറ് കണ്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പാമ്പെന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പാമ്പെന്ന് പറഞ്ഞവൻ്റെ അജ്ഞാനന്മാർ പോയി മനസ്സിലായില്ല അവൻ ശരിയാണെന്ന് പറഞ്ഞെങ്കിലും മറ്റവൻ തർക്കിക്കാൻ തുടങ്ങി ഞങ്ങൾ കണ്ട സാധനമായില്ലെന്ന് പറയുന്നത് നേരിട്ട് കണ്ടതാണ് ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച മൂന്ന് സ്റ്റേജുണ്ട് ഒന്ന് ജ്ഞാനം കൊണ്ട് ഈ പ്രപഞ്ചം അറിഞ്ഞില്ല ഇല്ല അറിയപ്പെടാൻ പ്രപഞ്ചമില്ല എന്ന് ജ്ഞാനി അറിയുന്ന ഒരവസ്ഥ അത് സ്വപ്രകാശകമായ അവസ്ഥയാണ് രണ്ട് പ്രപഞ്ചമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ അത് ആവരണമുള്ള അവസ്ഥയാണ് ആവരണമുള്ള അവസ്ഥയിൽ രജസും തമസും അല്പം പ്രവർത്തിക്കുന്നതേയുള്ളൂ സത്വം സമന്വയിപ്പിക്കുന്നില്ല അതുകൊണ്ട് അത് ശ്രവണം കൊണ്ട് മാറിപ്പോകും അതാണ് ആദ്യത്തവന് ഇല്ലാന്ന് കാർന്നൊരനുഭവത്തിൽ എന്ന് പറഞ്ഞ ആപ്തവാക്യം കേട്ടപ്പോൾ തന്നെ മാറിപ്പോയത് രണ്ടാമത്തവന്റെ പാമ്പ് വിക്ഷേപങ്ങളെ കൊണ്ട് രജസും തമസും ചേർന്ന് വിക്ഷേപിച്ച് സത്വം അതിനെ സമന്വയിപ്പിച്ചതുകൊണ്ട് അവൻ്റെ സത്വം തന്നെ അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയതുകൊണ്ട് അഹങ്കാരം പാമ്പായുണർന്ന് അതില്ലാതാവില്ല എന്ന് ഉറച്ചു ഇനി അവിടെ ചെന്നു നോക്കി ബോധ്യപ്പെട്ടാൽ പോലും പിന്നെയും അന്നേരമുണ്ടായിരുന്നോ ഇപ്പോൾ ഓടിപ്പോയതായിരിക്കില്ലേ എന്ന് തോന്നി മനസ്സിലായില്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ അദ്വൈതമൊക്കെ ഇങ്ങനെ കേട്ടാലും കേട്ടാലും മനസ്സിലാകാതെ വരുന്നത് അത് അപൂർവം അനുഗ്രഹീതന്മാർക്ക് ഒരു ശ്രവണം കൊണ്ട് ബോധ്യാവും ശങ്കകൾ അറ്റുപോകും പ്രമേണ പ്രമാണത്തിലും പ്രമേയത്തിലും അല്ലാത്തവർക്ക് ഇങ്ങനെ കേട്ടാലും സ്വാമിമാർക്ക് പറയാം കൊള്ളാം കേൾക്കാനൊക്കെ സുഖമാണ് പക്ഷെ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ ഭാര്യയും ഭർത്താവും കൂടെ വന്നിരുന്ന് കേൾക്കും ചിലപ്പോൾ ഭർത്താവും അല്ല കൊള്ളിക്കരുതഴി ഇതൊക്കെ കേട്ടേച്ച് പോയി ചെയ്യുമ്പോൾ ഭാര്യ ചോദിക്കും നിങ്ങളാ സ്വാമിയുടെ പ്രഭാഷണമൊക്കെ കേട്ടതല്ല പിന്നെ സ്വാമിമാർക്ക് അങ്ങനെയൊക്കെ പറയാം എടിയ അതൊന്നും അത്ര ശരിയായിട്ടൊന്നും അല്ല പിന്നെ നമ്മളും ഇതൊക്കെ ശരിയാണെന്നൊക്കെ ഒന്ന് ഭാവിച്ച് തലകുലുക്കി ഇരുന്നൊരു ദക്ഷിണയൊക്കെ കൊടുത്ത് പോരണം അത് നമ്മുടെ മതത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് നീ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് സത്യമെന്ന് സ്വാമിയെ കാണുമ്പോൾ തൊഴിൽ നമസ്കരിക്കും വേദാന്തം തലയ്ക്ക് പിടിച്ച പോലൊക്കെ കാണിക്കും അതൊക്കെ വേറെ സ്വാമിയും വിശ്വസിക്കും ഇതൊക്കെ ഇവനാ മനസ്സിലാകുക പക്ഷെ ഇവന്റെ ഭാര്യക്ക് അറിയാവുള്ളൂ ഇതൊരു ചുക്കും ചുണ്ടാകുമ്പോ ഇയാൾക്ക് മനസ്സിലാവില്ല ഭർത്താവ് വന്നിട്ടുണ്ടോ ഏടയ്ക്കൊരു ചിരി ആ ഇടയ്ക്കൊരു ഒരു ചെറിയ പുഞ്ചിരി ഏതാണ്ട് വളരെ ഇഷ്ടപ്പെട്ട പോലെ ഏ വളരെ സന്തോഷത്തില്ല അത് ശരി അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവം ഇത് തിരിച്ചും മനസ്സിലോ ആദ്യത്തെ ഭാവം മാത്രമായിട്ട് പറഞ്ഞ് ഇപ്പൊ ശബ്ദം മാറി അപ്പൊ ഇത് തിരിച്ചും ഇതിന് കാരണം വിക്ഷേപം ആവരണം എന്ന രണ്ട് ശക്തികളുണ്ട് ആവരണത്തിൽ മാത്രമാണ് അജ്ഞാനമെങ്കിൽ ശ്രവണം കൊണ്ട് തന്നെ മാറും ക്ഷേപത്തിലേക്കജ്ഞാനം എത്തിയെങ്കിൽ അവിടെ സത്വം സമന്വയിച്ചെത്തിയതാണ് വേഗം മാറില്ല അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അദ്വൈതം പരമാർത്ഥോഹി ദ്വൈതം തദ്ദേ അതുകൊണ്ട് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞു രണ്ടില്ല ഒറ്റ കാരണമേ ഉള്ളൂ ആലോചിച്ച് എന്നാൽ പാമ്പും കയറും രണ്ടില്ല പഠിപ്പിക്കാൻ പറയുമ്പോൾ പാമ്പും കയറും രണ്ടുണ്ടെന്ന് വിചാരിക്കും രണ്ടില്ല കയറു മാത്രമേ അവിടെയുള്ളൂ കയറു മറഞ്ഞാലേ പാമ്പുണ്ടാവുകയുള്ളൂ അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത് നമ്മളീ ഉദാഹരണം പഠിക്കുമ്പോൾ അതിൻ്റെ മീമാംസ പഠിക്കാതിരിക്കുന്നതുകൊണ്ട് കയറിൽ പാമ്പിനെ കണ്ടു എന്ന് പഠിച്ചു നോക്കും കയറിലല്ല പാമ്പിനെ കാണുന്നത് അജ്ഞാനത്തിൽ പാമ്പിനെ കാണുന്നു ജ്ഞാനത്തിൽ കയറിനെ കാണുന്നു കയറും പാമ്പും കൂടെ കാണുന്ന ഒരവസ്ഥയുമില്ല മനസ്സിലായോന്നറിയില്ല ഉദാഹരണം പഠിക്കുമ്പോൾ ഓർക്കണം ചെന്ന് ആളുകളോട് പറയുമ്പോൾ ഇടീ കയറിൽ പാമ്പിനെ കാണുന്ന പോലെ കയറിൽ പാമ്പിനെ കാണില്ല കയറ് കണ്ടുപോയാൽ പാമ്പില്ല പാമ്പ് കണ്ടുപോയാൽ കയറില്ല പ്രപഞ്ചം കണ്ടുപോയാൽ ആ സമയത്ത് ജ്ഞാനിയായാൽ പോലും ഉദ്ധൃതനാണ് സമാധിയിലല്ല ഞാനി സമാധി അവസ്ഥയില് പ്രപഞ്ചമില്ലായെന്ന് അനുഭവിച്ച് വ്യുദ്ധാന ദശയിലേക്ക് വരുമ്പോൾ പ്രപഞ്ചമുണ്ട് പക്ഷെ അജ്ഞാനി കാണുന്ന പോലെയല്ല പ്രപഞ്ചം ബാധിച്ചു കാണും മമതയുണ്ടാവില്ല മരീചിക കണ്ടിട്ട് തിരിച്ചു വന്നവന് മരീചികയിലെ ജലം കണ്ട് ദാഹം ഉണ്ടാവില്ല കാരണം അതുകൊണ്ട് ദാഹം ശമിപ്പിക്കാൻ പറ്റില്ല എന്ന് അവൻ ബോധ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് മരീചിക കണ്ടിട്ടില്ലാത്തവന് രീചികയിലെ ജലം കൊണ്ട് ദാഹം ശമിപ്പിക്കാമെന്ന് തോന്നിപ്പോകും അതുപോലെയാണ് പ്രപഞ്ചം ബാധിച്ചു കാണും എന്നു പറഞ്ഞാൽ നല്ല ടൊയിനെടുത്ത് ഒരു പത്ത് പൈസ നാണയത്തിൽ കെട്ടി ഉപ്പ് മുക്കി കെട്ടി ആ നൂല് കത്തിച്ച് കളഞ്ഞാലും നാണയം അത് തൂങ്ങി കിടക്കും മനസ്സിലായില്ല ഇപ്പോഴാ നൂലുണ്ട് പക്ഷെ ആ നൂല് ബാധിച്ച് നിൽക്കുക ഏത് നിമിഷവും പൊട്ടിപ്പോവാം മനസ്സിലായില്ല ബാധിക്കുക പറയുന്നത് അതാണ് പരീക്ഷിച്ചു നോക്കിയിട്ടില്ല കുട്ടിക്കാലത്തൊന്നും കുട്ടിക്കാലത്തൊന്നും പരീക്ഷിച്ചിട്ടില്ല ഒരു നൂല് കൊണ്ട് കൊടുത്തിട്ട് പറയും ഈ നൂലലി പത്ത് പൈസ നാണയം കെട്ടി കത്തിച്ച് കളഞ്ഞിട്ട് ഈ നൂല് നൂലലി നാണയം നിർത്താവോ എന്നൊക്കെ ചോദിച്ച് പിള്ളേർ കളിക്കും അപ്പോൾ അത് ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് കത്തിക്കും ഉണങ്ങിയിട്ട് അപ്പോൾ നൂലിൻ്റെ ആ പൂഞ്ചികകൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് വിടില്ല ആ ഉപ്പ് കാരണം കൂട്ടിപ്പിടിച്ച് നിൽക്കും ജീവനാകുന്ന ആ ഉപ്പ് കാരണം കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ബാധിച്ചു നിൽക്കുന്നതാണ് സവികല്പമായ സമാധിയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ള പോലെ ഈ പ്രപഞ്ചം അയാൾക്കുണ്ടാവില്ല അയാൾക്ക് പ്രപഞ്ചം ദുഃഖവുമല്ല പ്രപഞ്ചം ബാധിച്ചു പോകാതെ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നി അതിൽ ഭ്രമിക്കുമ്പോൾ മാത്രമേ ദുഃഖമുള്ളൂ മരുമരീചിക പോലെ അവിടെ കാണുന്ന കാനൽ ജലത്തിൽ വെള്ളമില്ല എന്ന് ബോധ്യമാവുകയാൽ അതുകൊണ്ട് ദാഹമുണ്ടാവില്ല ആവരണവും തമസാണ് വിക്ഷേപവും തമസ പക്ഷേ വിക്ഷേപത്തിൽ രജസിൻ്റെ പ്രവർത്തനം കൂടുതലുണ്ട് മനസ്സിലായി തമസ് മാത്രമായി വരുന്ന ആവരണം സത്വത്തിൻ്റെ പ്രകാശം വരുമ്പോൾ അങ്ങ് പോവും രജസ് സത്വത്തിലേക്കും തമസിലേക്കും നിൽക്കുന്നതുകൊണ്ട് അവൻ കളിപ്പിക്കും അതുകൊണ്ട് വിക്ഷേപമുണ്ടായാൽ മാറില്ല ശ്രവണം കൊണ്ടൊന്നും പെട്ടെന്ന് കുറച്ച് അനുഭവിക്കണം മനസിലായി അതാണിത് തമ്മിലുള്ള വ്യത്യാസം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ് വിക്ഷേപത്തിലെത്തുമ്പോഴാണ് പ്രശ്നം ക്ലിയറായി ശ്ലോകം ക്ലിയറായി അടുത്തത് പതിമൂന്ന് ഇടയ്ക്കൊരു ചായയോ മറ്റുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇത് പതിനൊന്നരക്കാണോ ഏ പതിനൊന്നരക്കാണോ പതിനൊന്ന് മണിക്കാണോ ഏ റെഡിയാണ് എന്നാൽ പിന്നെ ചൂടെ പോയി കുടിച്ചോ കഴിഞ്ഞിട്ടായി